സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പലരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹു സുബാനഹുവാലയുടെ മാർഗ്ഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു സ്വർണവും വെള്ളിയും ശേഖരിച്ചുവയ്ക്കുകയും അത് അള്ളാഹു സുബഹാനഹുവച്ചയാലയുടെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാത്തവരുമാണെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് നീ അറിയിച്ചു കൊടുക്കുക